അടുത്ത ശ്ലോകം എങ്ങനെ ഇരിക്കണം തത്രാഗ്രം പറഞ്ഞോ ശ്ലോകം തരൈകാഗ്രം മനഃ യഥിത്തെ ഉപവിശ്യാസനേ യുജ്യത് യോഗമാത്മവിശുദ്ധയേ യശി ഗഗ്രീവം ധാരയന്ന ചലം സ്ഥിരം സംപ്രേക്ഷ്യസിശാനവലോകയൻ പ്രശാത്തത്മാവിഗതീരിവ്ര സ്ഥിത് മനസ്സംയ മച്ചിത്തു യുക്താസീത മത്പര യുജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഹ നിർവാണപരമാധിഗതി അവിടെ ആസനത്തിലിരുന്ന് സമം കായ ശിരോ ഗ്രീപം ഒക്കെ ഒറ്റ സ്ട്രേറ്റ് ആയിട്ട് സമം കായ ശിരോ ഗ്രീപം ശിരഹാന്ന് തല ഗ്രീപം എന്ന് വെച്ചാൽ കഴുത്ത് കായം എന്ന് വെച്ചാൽ ഈ കബന്ധം കഴുത്തിൽ നിന്നും ചുവട്ടിലേക്ക് ഉള്ള ആ നട്ടെല്ലിൻ്റെ ഭാഗം ഇതൊക്കെ കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മളുടെ ധ്യാനത്തിൻ്റെ ഭൂമികകൾ തയ്യാറാവണത് യോഗികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഉള്ള സ്ഥാനങ്ങൾ മൂലാധാരം മുതൽ സഹസ്രാരം വരെ മൂലാധാരം ഉം പിന്നെ സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആത്മ സഹസ്രാറും സാധാരണ താന്ത്രികന്മാര് പറയണത് കുലകുണ്ടലിനി എന്നൊരു ശക്തി മൂലാധാരത്തിലുണ്ടെന്നും ആ ശക്തി അവിടെ നിന്നും ഓരോ മണ്ഡലങ്ങളായി കിടന്ന് സഹസ്രാരത്തിലേക്ക് പോകുമെന്നും ഈ ഭാവന ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ചിട്ടുണ്ട് ഒരു പാമ്പുണ്ടെന്നും ആ പാമ്പ് അവിടുന്ന് പുറപ്പെടുന്നു ഒക്കെ ധരിക്കാൻ അതൊക്കെ ആരംഭത്തിൽ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റോ ഉണ്ടാക്കും കോൺഷ്യസ് ആയിട്ട് ആ ശക്തി ഉണരുന്നത് ആർക്കും അറിയാൻ പറ്റില്ല ആ ശക്തി ഉണരുന്നത് ഒന്നിൽ സദ്ഗുരുവിൻ്റെ കൃപ കൊണ്ടാണ് അല്ലെങ്കിൽ ആത്മവിചാരം ചെയ്യുന്ന ജ്ഞാനികളിൽ നമ്മൾ ഈ പറഞ്ഞ ഹൃദയഗ്രന്ഥിയുടെ ചലനമേ ഇല്ലാതാവുമ്പോൾ മനസ്സെന്ന് പറയുന്ന ആ അല്ലെങ്കിൽ ആ ശക്തി ഈ മണ്ഡലങ്ങളെയൊക്കെ കടന്ന് യോഗികൾ പറയുന്ന അനുഭവമൊക്കെ ശരീരമണ്ഡലത്തിൽ നടക്കും പക്ഷേ ജ്ഞാനനിഷ്ഠനായ ജ്ഞാനിക്ക് അതൊരു പ്രശ്നമേ അല്ല ഇതൊക്കെ യോഗികൾ പറയുന്ന അനുഭവ ഒക്കെ മനസ്സ് കടന്നു പോകും ധ്യാനനിഷ്ഠനായ ജ്ഞാനിക്ക് അതൊരു പ്രശ്നമേ അല്ല മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം എന്നൊക്കെ പറയണ ചക്രങ്ങള് ഭോഗമണ്ഡലങ്ങളാണ് മനുഷ്യന് ഭോഗപ്രധാനമായ പ്ലെയിൻസ് അനാഹതം എന്ന് പറയുന്ന മണ്ഡലം ഇവൻ അധ്യാത്മ തുടങ്ങുമ്പോൾ ഉള്ളതാണ് നമ്മൾ എപ്പോ നമ്മള് വിചാരിക്കുന്നത് ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ഇത് ഇവിടുന്ന് പുറപ്പെടും അങ്ങനെയൊന്നും പലർക്കും പലപ്പോഴും ഏതോ ഒരു പ്ലെയിനിലായിരിക്കും നമ്മൾ ഇരിക്കണം നമുക്കറിയില്ല നമ്മൾ സത്സംഗത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അനാഹത ചക്രത്തിനേ തുടങ്ങുകയുള്ളൂ അതായത് നമുക്ക് വേദാന്ത വിചാരം ഉണ്ടാവണു ആത്മവിചാരം ചെയ്യാൻ പറ്റണു സൂക്ഷ്മമായ ആത്മവിദ്യ മനസ്സിലാവണമുണ്ടെങ്കിൽ തന്നെ ഹൃദയസ്ഥാനത്ത് നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത് അല്ലാതെ മൂലാധാരത്തു നിന്നല്ല മൂലാധാരത്തിലിരിക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാവില്ല ചാപ്പാടിന് സപ്താഹത്തിന് പന്ത്രണ്ടരയ്ക്ക് ശേഷം വരുന്നവരാണ് ഈ മൂലാധാരത്തിലുള്ളവർ അത് കഴിഞ്ഞാൽ അവർ എപ്പോഴാണോ നമുക്ക് സൂക്ഷ്മ വിഷയങ്ങൾ മനസ്സിലായിത്തൊടങ്ങണത് സൂക്ഷ്മമായ അനുഭവമണ്ഡലത്തിൽ ശ്രദ്ധയുണ്ടായിത്തുടങ്ങണത് അപ്പൊ തന്നെ അമൃത നാടിയിലൂടെ നമ്മളുടെ പ്രവഹിച്ചു തുടങ്ങി ഒരു മറ്റൊരു വേർഷനാണത് അതായത് ഹൃദയത്തിൽ നിന്നും നൂറ്റിയൊന്ന് നാടികൾ എല്ലായിടത്തും പ്രവഹിക്കണു ഒരു നാടി മാത്രം അടഞ്ഞു കിടക്കൂ അത്ര ഈ അമൃത എന്ന് പറയുന്നത് ഈ നൂറ് നാടികളിലൂടെയും മനസ്സ് വികാരങ്ങളെ കൊണ്ടാണോ ഒഴുകണത് എപ്പോഴാണോ ഇയാളിൽ പതുക്കെ പതുക്കെ ചിസ്പന്ദനുണ്ടാവണത് ചിത്തം ചിത്തായിട്ട് പരിണമിച്ച് തുടങ്ങണത് അപ്പോ അമൃതനാടിയിലൂടെ ഈ പ്രവഹിച്ചു തുടങ്ങും എന്നൊക്കെയാണ് യോഗികളുടെ ദർശനം അപ്പോ അനാഹതത്തിൽ നിന്നും ഇയാൾക്ക് കാമക്രോധാദി ദോഷങ്ങളൊക്കെ വിട്ടുപോകുമ്പോഴാണ് വിശുദ്ധി ചക്രം എന്ന് പറയണത് കാമക്രോധങ്ങളുടെ തടസ്സമൊന്നും ഇല്ലാതെ ആയി ആവുമ്പോഴാണ് ഇയാൾക്ക് വിശുദ്ധി ചക്രം എന്ന് പറയണം അത് കഴിഞ്ഞ് മനസ്സില്ലാതാവുമ്പോൾ എന്നുവച്ചാൽ നമ്മൾ സാധാരണ പ്രവർത്തിക്കുന്നത് എന്താ മനസ്സുകൊണ്ടാണ് അല്ലേ ഇന്ന സ്ഥലത്തേക്ക് പോകണം ഇത് എനിക്കിഷ്ടമുണ്ട് എനിക്കിഷ്ടല്ല ഇന്നത് പറയണം ഇന്നെന്നെ പറയാൻ പാടില്ല എന്നൊക്കെ തീരുമാനിച്ച് ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് ഒക്കെ ചെയ്യലാണ് സാധാരണം അങ്ങനെ ഒന്നും അല്ലാതെ മനസ്സല്ലാത്ത അതീന്ദ്രിയമായൊരു ശക്തി പ്രവർത്തിച്ചു തുടങ്ങുകയും ഇൻറ്റ്യൂഷൻ കൊണ്ട് ഒരാൾ ജീവിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ മനസ്സിന്റെ വികാരങ്ങൾ കൊണ്ടല്ലാതെ ഉയർന്ന ഒരു മണ്ഡലത്തിൽ നിന്നുള്ള ആജ്ഞയ്ക്ക് അനുസരിച്ച് ആ ശരീരം പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് ആജ്ഞാചക്രമെന്ന് പറയുന്നത് അയാൾ യന്ത്രമായിട്ട് തീരാണ് അതിനും മേലെ മണ്ഡലം തന്നെ കടന്ന് കേവലമായ സ്വാനുഭൂതിയുടെ മണ്ഡലമാണ് സഹസ്രാറം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ ഒരാൾക്ക് സ്വാനുഭൂതി ഉണ്ടായാലും പിന്നെയും ആജ്ഞാചക്രത്തിലോ ഹൃദയസ്ഥാനത്തിലോക്കെ ഇരുന്നുകൊണ്ടേ ലോകത്തിൽ വ്യവഹരിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ യോഗ വിഷയങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ വലിയ തേങ്ങാക്കൊലയാണെന്ന് തോന്നുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് പറയണത് ഇതൊക്കെ എങ്ങനെ കാര്യമായിട്ട് ധരിച്ച് എന്തോ ഉണ്ടെന്ന് തോന്നും അല്ലെങ്കി ഇപ്പൊ ഇതൊന്നും ഇല്ലാന്ന് തോന്നുമല്ലോ അതിന് അതുകൊണ്ട് പറയാണ് ഇതൊക്കെ അങ്ങടെ വളരെ ഗൗരവമായിട്ടൊന്നും എടുക്കണ്ട വളരെ ഗൗരവമായിട്ട് എടുത്താൽ ഉറുമ്പ് കയറിയ കുണ്ടലിനിയാണെന്ന് തോന്നും പുറകെ പല ആളുകളും തോന്നും ധ്യാനിക്കാൻ ഇരിക്കുമ്പോ എന്തോ ഒന്ന് പുറകെ അങ്ങനെ കയറി പലരും ഇങ്ങനെയൊക്കെ ഭാവന തമാശ പറയല്ല ചിലർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഭാവന ഇതൊക്കെ ഈ കേട്ട് കഴിയുമ്പോൾ ഒരു എന്തോ ഒരു എക്സൈറ്റ്മെന്റ് വരുന്നതുകൊണ്ട് പലരും അതുകൊണ്ട് വളരെ ലൈറ്റായിരിക്കണം വളരെ ലൈറ്റായിരുന്നാൽ പെട്ടെന്ന് ഉയർന്ന പത്രത്തിലേക്ക് പോവാം ഒത്ര കണ്ട് നമ്മൾ ഹൈസ്ട്രങ് ആയിട്ടിരിക്കണോ പിടിച്ചു ഫലമായിട്ട് നിന്നാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ഷീണിച്ചു പോകും തളർന്നു പോകും സഹജമായിട്ടിരിക്കും സഹജമായിട്ടിരിക്കും അങ്ങനെ ശുചൌദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്രൈക്കാഗ്രം മനഃ യഥിത്തേന്ദ്രിയ ഉപവിശ്വാസനെ യുഞ്ച്യാത് യോഗം ആത്മവിശുദ്ധയെ സമം ധാരയൻ അച്ചലം ചലിക്കാതെ വയ്ക്ക സംഗ്രംസും മറ്റൊരു കുഴപ്പമാണ് ഭഗവാൻ മൂക്കിന്റെ അറ്റത്ത് നോക്കിയിട്ടെന്ന് ശങ്കരാചാര്യർ പറഞ്ഞു പ്രയോജനം എന്തുണ്ടാവും എന്ന് വെച്ചാൽ മൂക്കിന്റെ അറ്റത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം വലിയൊരു മൂക്ക് സാക്ഷാത്കാരം ഉണ്ടാവും മൂക്കിന്റെ അറ്റം ധ്യാനിക്കാനല്ല ഇവ എന്നൊരു പദം അവിടെ ഉണ്ട് എന്നാണ് സംപ്രക്ഷിയ നാസികാഗ്രം ഇവ എന്നുവെച്ചാൽ യോഗിയുടെ ദൃഷ്ടി അന്തർമുഖമാവുമ്പോ മൂക്കിലേക്ക് നോക്കണ പോലെ ഉണ്ടാവും എന്നുവെച്ചാൽ മനസ്സ് ദൃഷ്ടി ചലിക്കുമ്പോ മനസ്സും ചലിക്കും ദൃഷ്ടി ചലിക്കുമ്പോൾ നമുക്ക് കാണാം മനസ്സ് ചലിക്കും ദൃഷ്ടി നിശ്ചലമാണെങ്കിൽ മനസ്സ് നിശ്ചലമാവും ദിവ ചക്ഷുരാതത്വം എന്നാണ് വേദം പറഞ്ഞത് സ്പേസിൽ നോക്കണ പോലെ ഉണ്ടാവും എന്നാണ് ദൃഷ്ടി അതില് വ്യക്തികളെ ഇല്ല ആ ദൃഷ്ടിയിൽ വ്യക്തി ഇല്ല ലോകമില്ല ഒന്നുമില്ല അങ്ങനെയുള്ള യോഗികളുടെ ദൃഷ്ടി ആടിന്റെ കണ്ണു പോലെയാണെന്ന് പറയും ചിലർക്ക് കണ്ണെടുത്തിട്ട് ആടിന്റെ കണ്ണ് വെക്കുമല്ലോ അതൊന്നും നോക്കില്ലേ വെറുതെ കണ്ണു പോലെ ഉണ്ടാവും അവിടെ ആട്ടിന്റെ കണ്ണ് ആട് കണ്ണു പോലെയാണ് ആ ദൃഷ്ടി തുറന്നിരുന്നാലും ലോകത്തിനെ ഒന്നും അത് രജിസ്റ്റർ ചെയ്യണില്ല ഉള്ളിൽ എടുക്കണില്ല അത്തരത്തിലൊരു ദൃഷ്ടി സംപ്രക്ഷ്യ നാസികാഗ്രംസ്വം ദിശ അനവലോകയൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും നോക്കി ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഡിസ്ട്രാക്ഷനുള്ള ഒന്നും ചുറ്റും വയ്ക്കാതെ ദിശ അനവലോകയൻ പ്രശാന്താത്മാ ധ്യാനിക്കുന്നതിന് മുമ്പ് തന്നെ കുറെയൊക്കെ ശാന്തി ഉണ്ടാവണം കൊട്ടിയും പോളും കൊട്ടിയും കോലും കളിക്കണ പോലെയാണ് ആ പുള്ളങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു അടി കൊടുക്കും അടി കൊടുത്താൽ അതിരി പൊന്തി കുറച്ച് പൊന്തി കഴിഞ്ഞിട്ട് ഒരു അടി കൊടുത്താൽ നേരെ മേലെ പോകും അതുപോലെ ആദ്യം തന്നെ കുറേയൊക്കെ ശാന്തമായി പ്രസന്നമായ ഭാവത്തോടു കൂടെ വേണം ധ്യാനിക്കാനിരിക്കാൻ അവിടുന്ന് വേണം അതിനെ ഉയർത്താൻ അപ്പോൾ പ്രശാന്താത്മാ പിന്നെയോ വിഗതഭീഹി ഭയമുണ്ടാവാൻ പാടില്ല ഭയം എന്നുവച്ചാൽ പല അർത്ഥങ്ങൾ പറയും ഒന്ന് ധ്യാനിക്കുമ്പോ തന്നെ ഒരു തരത്തിൽ ഭയം ഉണ്ടാവും ചിലർക്ക് അയ്യോ എൻ്റെ എല്ലാം പോയി പോവോ എന്നൊരു പേടി ഈ അഹങ്കാരത്തിന് തൻ്റെ നാശത്തിൽ ഒരു ഭയം വരും പലർക്കും ധ്യാനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു പേടി കാരണമില്ലാത്തൊരു ഭയം എന്തിനാ ഭയം വരണത് അറിയില്ല അവർക്ക് എന്തിനോ പേടി തോന്നണമെന്നാണ് പേടി തോന്നാൻ കാരണം എന്താന്ന് അറിയാതെ ഒരു ഭയം ആ ഭയം അഹങ്കാരം തൻ്റെ ഉള്ള ഒക്കെ നഷ്ടപ്പെടുത്തിക്കളയോ താനില്ലാതാവോ എന്നൊരു ഭയാണ് അതിനെ നല്ലവണ്ണം സത്സംഗത്തിലിരുന്ന് വേണ്ട വിധത്തിൽ അറിഞ്ഞാൽ ഈ അഹങ്കാരം ഞാനല്ലെന്നും അതിൻ്റെ ഇല്ലായ്മയിലാണ് ക്ഷേമമുള്ളതെന്നും അതിന് സുഷുപ്തി തന്നെ ദൃഷ്ടാന്തം സുഷുപ്തിയിൽ അഹങ്കാരമില്ലാതാവണതുകൊണ്ട് ഒരു കുറവും വന്നില്ലല്ലോ നമുക്ക് സുഖമായിരുന്നു അതുകൊണ്ട് ഈ അഹങ്കാരമില്ലാതാവണത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാനില്ല മരണം പോലും പരമസൗഖ്യമായ ഒരു സ്ഥലമാണെന്ന് അറിഞ്ഞാൽ ഈ അഹങ്കാരത്തിൻ്റെ നാശത്തിനെ ഭയപ്പെടില്ല പിന്നെ ഭയം എന്നുള്ളതിന് സെക്യൂരിറ്റി എന്നൊരർത്ഥം ഒന്നിൽ പരമവിരക്തനായിരിക്കണം ധ്യാനിക്കാനിരിക്കുന്നവൻ പരമവിരക്തനായാൽ സെക്യൂരിറ്റിയെക്കുറിച്ച് തനിക്ക് നാളെ എവിടെ ഭക്ഷണം കിട്ടും നാളെ തന്നെ ആര് നോക്കും തൻ്റെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും ഇത്തരത്തിലൊക്കെ വേവലാതിപ്പെടുന്ന ആള് ധ്യാനിക്കാനിരുന്ന് കഴിയുമ്പോൾ ഇതൊക്കെ ഉള്ളില് വരും അതിനെ ഏതെങ്കിലും വിധത്തിൽ ജയിക്കണം ചിലർക്ക് ചിലപ്പോൾ കുറെ പെൻഷൻ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു വക ഉണ്ടാവുമായിരിക്കും അതൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ട ഇനിയിപ്പോ എന്തോ ഭക്ഷണത്തിനൊരു വകയുണ്ടല്ലോ ഇരുന്നോട്ടേ ധ്യാനിക്കാം പരമവിരക്തനാണെങ്കിൽ പാരിവർജ്യത്തിൽ തന്നെ അയാൾ സന്തുഷ്ടനാണ് ഭഗവാൻ എന്നെ നോക്കുകയാണ് എനിക്ക് അതൊന്നും ഭയപ്പെടാനില്ല ഭഗവാൻ നോക്കിക്കോളും എന്ന് വിഗത ഭീ ബ്രഹ്മചാരി പ്രതസ്ഥിത ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നത് ധ്യാനിക്കുന്ന ആൾക്ക് യോഗിക്ക് വളരെയധികം അനുകൂലമാണ് ബ്രഹ്മചര്യ വ്രതം എന്ന് പറഞ്ഞാൽ കാമം ഇല്ലാതാവുക മാത്രമല്ല ബ്രഹ്മചാരി ഗുരുകുലത്തിൽ വസിച്ച് ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് ജീവിതത്തിന് മുഴുവൻ ചിട്ടപ്പെടുത്തുന്നവനാണ് ബ്രഹ്മത്തിൽ മനസ്സ് ചരിക്കുന്നവനാണ് നമ്മൾ കല്യാണം കഴിയാത്ത ആളുകളെയൊക്കെ ബ്രഹ്മചാരികൾ എന്ന് വിളിക്കും അവരൊക്കെ ബ്രഹ്മചാരികളാവില്ല ഗൃഹസ്ഥനായ ആൾ ബ്രഹ്മചാരി അല്ലാതെയും ഇരിക്കില്ല എല്ലാത്തിനും ഒരു നിയമമൊക്കെ ഉണ്ട് ആ നിയമമൊക്കെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും അനാവശ്യമായി തൻ്റെ ഊർജത്തിനെ വ്യയം ചെയ്യാതിരിക്കുകയും വേണ്ട വിധത്തിൽ കോൺഫ്ലിക്ട്സ് കൊണ്ടാണ് അധികവും ഊർജം നഷ്ടപ്പെടുന്നത് കോൺഫ്ലിക്ട്സ് ഇല്ലാതായി ശാന്തമായി ധർമ്മത്തിൽ നിഷ്ഠനായിരുന്നു കൊണ്ട് ചിത്തശുദ്ധിയോടുകൂടെ ഇനിയിപ്പോരാൾ സന്യാസത്തിന് പരിഭാഗനാണെങ്കിൽ പരിപൂർണമായ ബ്രഹ്മചര്യത്തോടു കൂടെ അങ്ങനെ ഏതു മനസ്സിനെ ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ബ്രഹ്മചാരിവ്രത്തെ സ്ഥിത ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ പറയണു പുരുഷന്മാർക്ക് ഉപദേശിക്കുമ്പോൾ പറഞ്ഞു സ്ത്രീകൾക്കുന്ന് അകർന്നിരുന്ന് ധ്യാനിക്കുക സ്ത്രീകൾക്ക് ഉപദേശിക്കുമ്പോൾ പുരുഷന്മാരും അകന്നിരുന്ന് ധ്യാനിക്കാതെ അപ്പൊ ഒക്കെ കൂടെ കൂടിയിട്ടാണ് നമ്മളുടെ സ്പിരിച്വൽ സാധനൊക്കെ ആളുകൾ നടത്തുന്നത് അത് കാരണം ധാരാളം ആളുകളും പോണ്ടവിടെ ഉദ്ധവർ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു സ്ത്രീണാം സ്ത്രീ സംഘീണാം ചെ സംഘം തെക്വാത ആത്മാവാൻ ക്ഷേമേ വിവിക്ത ആസീന മാം അതന്ത്രിത സ്ത്രീകളുടെ അടുത്തും സ്ത്രീകളുടെ അടുത്ത് സംഘം വയ്ക്കുന്ന ആളുകളുടെ അടുത്തും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചാരിത്രവതികളായി പവിത്രമായിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞില്ല സ്ത്രീ വിഷയം എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കാമം എന്നാണ് അർത്ഥം അതേപോലെ തന്നെ സ്ത്രീകൾക്കും ആഗ്രഹം ഇനോർഡിനേറ്റ് ഡിസയേഴ്സ് നെഗറ്റീവ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ അത്തരം ആഗ്രഹങ്ങളൊക്കെ എവിടെ ഉണ്ടോ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ടി ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും തന്നെ മനസ്സ് പവിത്രമായി ഇരുന്നുകൊണ്ട് ധ്യാനിക്കണമെന്ന് പറയാൻ അവകാശപ്പെടാനേ സാധിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മള് ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത് ഇതിനെന്ത് ഉത്തരം ഭഗവത്ഗീതയിൽ പോലും ഇതിനുത്തരയില്ല ടി വി ഉപേക്ഷിക്കാം എന്ന് ആളുകൾ പറഞ്ഞ ടി വിയിലാണ് ഇപ്പൊ ഭാഗവതവും ഗീതയും ഒക്കെ വരുന്നത് എങ്ങനെ ഉപേക്ഷിക്കുന്ന ചോദിക്കണം നോക്കണം മായ എന്ന് പറഞ്ഞ ഏത്താണേ അത് എന്തു ചെയ്യും അറിയോ നമ്മളെ നല്ല അടി അടിക്കും നമ്മൾ കരയാൻ തുടങ്ങിയപ്പോ രണ്ടു ചോക്ലേറ്റ് വായിലിടും അപ്പൊ പിന്നെയും ചിരിക്കാൻ തുടങ്ങും എന്നാൽ നല്ല പെടം വരും കരയുമ്പോ ഇത്തിരി പായസമോ ചോക്ലേറ്റോ മുട്ടായോ വായിലിട്ടാൽ നമ്മൾ ആ അടിയൊക്കെ മറന്നുപോകും ഇതുപോലെയാണ് നമ്മളുടെ ടിവിയും അത് എന്തു എല്ലാം കാണിക്കും അതിൻ്റെ ഇടയിൽ ഇത്തിരി ഭാഗവതം ഗീത സത്സംഗം രാമായണം ഒക്കെ ഉണ്ട് ഇവൻ അതാണെന്ന് പറഞ്ഞിട്ടിരിക്കും അതിന്റെ ഇടയിൽ കൂടെ അവർക്കറിയാം എന്താ കാണിക്കേണ്ടതെന്ന് ഇതൊക്കെ അവചനൈവ പ്രോവാചാന്ന് പറഞ്ഞ പോലെ മനസ്സിലാക്കിക്കൊള്ളും അത് നമ്മൾക്ക് ധ്യാനത്തിന് അനുകൂലമാവുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ നോക്കൂ വേറെ ഉയർന്ന തലത്തിൽ നോക്കിയാൽ ഉള്ളിലുള്ള ആള് അതിപവിത്രനാണ് എല്ലാ അപവിത്രങ്ങളെയും പുറമേക്ക് തള്ളാൻ അയാൾക്കറിയാം അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് എത്രയൊക്കെ തന്നെ കറപ്ഷനും ചളിയും ഒക്കെ വാരി പരസ്പരം എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു ലിമിറ്റിന് മേലെ അശുദ്ധ ആവാൻ ഉള്ളിലുള്ള ആള് സമ്മതിക്കില്ല അശുദ്ധ ആവണവരെ അശുദ്ധാവുകയുള്ളൂ അല്ലാത്തവർ അപ്പോഴും അശുദ്ധ ആവണില്ല അതൊരു സമാധാനാണ് അതാണ് ഒരു വലിയ ഹോപ്പ് ഈ അന്തർയാമി ശുദ്ധമായി വെക്കണം വരെ ശുദ്ധമായിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കണുണ്ട് അതുകൊണ്ട് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞുവല്ലോ ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾക്ക് വന്നോ വന്നോന്ന് ശങ്കിച്ച് നിൽക്കണ്ട ശങ്ക ഒരുപാടായാൽ ഇല്ലാത്തതൊക്കെ ഉണ്ടോ എന്ന് തോന്നും അതുകൊണ്ട് ഇതൊക്കെ ഗീതയിലുള്ളത് കൊണ്ട് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പൊ കുറെ ഒക്കെ നോക്ക ബാക്കിയൊക്കെ ചിലരൊന്നും ഒന്നും ബാധിക്കില്ല ബാധിക്കണില്ലെങ്കിൽ നമ്മളെ ബാധിക്കണമെന്ന് വിചാരിക്കണ്ട നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഗീതയിലുള്ളത് കൊണ്ട് പറഞ്ഞു അവിടെ ഇത്തരം ക്വാളിറ്റീസ് ഒക്കെ കുറെ ഒക്കെ നല്ലത് അങ്ങനെയൊക്കെ ആക്കി ചെയ്തിട്ട് മനസ്സംയ മച്ചിത്തോ യുക്ത ആസീത്ത് മത്പരഹ പ്രശാന്താത്മാ മനസ്സംയം മനസ്സിനെ സംയമനം ചെയ്തിട്ട് അന്തർമുഖമാക്കിയിട്ട് മച്ചിത്ത എന്നെ തന്നെ ധ്യാനിക്കുക മത്പരഹ ഞാൻ തന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്ന് നിശ്ചയിച്ചിട്ട് ധ്യാനിക്കാനിരിക്കുക ഡിറ്റർമിനേഷൻ ആ വ്യവസായാത്മിക ബുദ്ധിയാണ് ധ്യാനത്തിന് മുന്നോടി ജീവിതത്തിന് പരമലക്ഷ്യം ഒന്നേ ഉള്ളൂ ഭഗവത് പ്രാപ്തി നേടണം എനിക്ക് വേറെ ഒന്നും വേണ്ട ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു ഭഗവാനെ എൻ്റെ മനസ്സ് പല സ്ഥലങ്ങളിലും ചലിക്കാതിരിക്കട്ടെ ഓരോ ദിവസം കഴിയുമ്പോഴും ആയുസ് പോയിക്കൊണ്ടിരിക്കണു എനിക്ക് ബുദ്ധി ഭഗവാനിൽ സ്ഥിരമായി നിൽക്കണമെന്നൊക്കെ പ്രാർത്ഥനയോടുകൂടെ ധ്യാനത്തിനിരിക്കുക യുക്ത ആസീത മത്പരഹാം അങ്ങനെ ധ്യാനിച്ചാൽ എന്താവും യുഞ്ചൻ നേവം സദാത്മാനം യോഗി നിയതമാനസഹ ഇങ്ങനെ മനസ്സിനെ പതുക്കെ പതുക്കെ പതുക്കെ ആത്മാവിൽ ഇരുത്തുന്നു എന്നുവച്ചാലോ നിശ്ചലമാക്കണോ എന്നർത്ഥം അതാണ് ധ്യാനം മനസ്സിനെ പതുക്കെ പതുക്കെ യു ബ്രിങ് ഇറ്റ് ടു നിശ്ചല തത്വ ജീവൻ മുക്തി ഇത്രയൊക്കെ ഇരുന്ന് ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ചെയ്യണത് എന്താ പുറമേക്ക് അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പതുക്കെ പതുക്കെ പതുക്കെ അതിൻ്റെ പിറപ്പിടത്തിലേക്ക് അതെവിടുന്നു ഊതിക്കുന്നുവോ അവിടെ സുഷുപ്തിയിൽ നാച്ചുറലായിട്ട് പോയി ലയിക്കണു അല്ലേ ഉറക്കത്തിൽ നാച്ചുറലായിട്ട് പോയിട്ട് ലയിക്കണു ധ്യാനത്തിൽ കോൺഷ്യസ് ആയിട്ട് പോയിട്ട് ലയിപ്പിക്കുകയാണ് ബോധപൂർവം നാച്ചുറൽ ഓപ്പോസിറ്റ് അണ്ണാച്ചുറൽ ആണ് പക്ഷെ ഇവിടെ അണ്ണാച്ചുറല്ല നാച്ചുറൽ നമുക്ക് സിദ്ധമല്ല കോൺഷ്യസ് പ്രോസസ് ബോധപൂർവം മനസ്സിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് സാധാരണ തലത്തിൽ പറഞ്ഞ ഇത്രയൊക്കെ ആയി ഏകാന്തത്തിലിരുന്ന് നാമം ജപിക്കുകയാണ് ജപം ചെയ്യും ആദ്യമൊക്കെ ഉറക്കെ ജപം ചെയ്യുക പതുക്കെ പതുക്കെ മനസ്സുകൊണ്ട് ജപിച്ചു പഴകാം അനേക വിചാരങ്ങളായി ചലിക്കുന്ന മനസ്സ് ഒരു മന്ത്രത്തിൽ ഒരു നാമത്തിൽ അങ്ങനെ സ്പന്ദിക്കാൻ തുടങ്ങുമ്പോ തന്നെ ധ്യാന സുഖം ചിത്തവൃത്തികൾ കുറയുമ്പോ തന്നെ ധ്യാനത്തിന് സുഖം ഉണ്ടായിത്തൊടങ്ങും അപ്പൊ അനേക വൃത്തികളായി ചഞ്ചലമായിരിക്കുന്ന മനസ്സ് പതുക്കെ പതുക്കെ ഒരേ നാമത്തില് അങ്ങനെ പതിച്ച് ആദ്യം വായുകൊണ്ട് ജപിക്കുന്നു വാച്യമാണ് പിന്നെ ഉപാംശു പിന്നെ പതുക്കെ പതുക്കെ മാനസിക ജപം അങ്ങനെ മനസ്സുകൊണ്ട് ജപിക്കുമ്പോൾ മനസ്സ് അനേക ചിത്തവൃത്തികളായിരിക്കുന്ന മനസ്സ് ഒരേ നാമത്തിനെ ചൊല്ലി പഠിക്കുകയാണ് എന്നിട്ട് ഇടയ്ക്കൊക്കെ മനസ്സിനെ വിടുക തനിയെ ജപിക്കുന്നുണ്ടോ എന്ന് നോക്കെ ജപിക്കും ചിലപ്പോ നമ്മളെ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടു പോയിട്ട് വരും അപ്പോ പിന്നെയും ജപിക്ക സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോ ഒരാളെ പിന്നാലെ പിടിച്ചിരുത്തിയിട്ട് ചവിട്ടിക്കോ ഞാൻ പിന്നാലെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയും കുറെ കഴിഞ്ഞാൽ നമ്മള് അറിയാതെ കുറെയൊക്കെ ചവിട്ടും പിന്നെ പിടിച്ചിട്ടില്ല വീഴും അതുപോലെ ജപിക്കുമ്പോഴും മനസ്സിനെ ജപിപ്പിക്കാണ് ജപിപ്പിക്കുമ്പോ മനസ്സ് കുറച്ചുനേരം ജപിക്കും നിർത്തിയാലോ ചെലപ്പോ വിടും പതുക്കെ പതുക്കെ പതുക്കെ അങ്ങനെ പഴകി അവസാനം ചിത്തവൃത്തികളൊന്നുമില്ലാത്ത ചില നിശ്ചല ക്ഷണങ്ങൾ വരും ആ നിശ്ചലതയില് വൃത്തികളൊന്നും ചലിക്കാത്ത ആ ആ മൗനത്തില് ആ ശാന്തിയിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇരിക്കാം ശാന്തി നിർവാണ പരമാം മത്സംസ്ഥതി നിർവാണ സ്വരൂപം നിർവ്വാണമെന്നു വെച്ചാൽ കത്തിത്തീരുക എന്നാണ് അർത്ഥം ഒരു വിളക്ക് കത്തി നിർവാപിതം കത്തിത്തീർന്നു അതുപോലെ മനസ്സതിന്റെ ചിത്തവൃത്തികളൊക്കെ വിട്ട് സ്ഥിമിത സലില രാശിപ്രഖ്യം ചില രാഷ്ട്രങ്ങളിൽ പാശ്ചാത്യദേശങ്ങളിലൊക്കെ കടലൊക്കെ അങ്ങനെ ഫ്രോസൺ ആയിട്ട് നിൽക്കുകയും അലകളൊക്കെ ചിലപ്പോൾ അങ്ങനെ പൊന്തിയിട്ട് ഐസായിട്ടൊക്കെ നിൽക്കും എന്നൊക്കെ പറയണം കണ്ടിട്ടുള്ളവരുണ്ടാവും അതുപോലെ ചലിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സങ്ങനെ നിശ്ചലമാവാൻ സ്ഥിമിത സലീല രാശിപ്രഖ്യം അങ്ങനെ നിശ്ചലമായ ക്ഷണങ്ങളില് നിർവണപരമാം ശാന്തി ശാന്തി എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിൽ നിന്നു വരില്ല മനസ്സ് വഴിവിട്ടുകൊടുക്കുമ്പോൾ ആത്മാവിൽ നിന്നു വരുന്ന അനുഭവത്തിനാണ് ശാന്തി എന്ന് പറയുന്നത് ശാന്തി വരുമ്പോ ആ ശാന്തി സുഷുപ്തിയിലൊരു സുഖം എന്ന് പറഞ്ഞല്ലോ ആ സുഖം മനസ്സിൽ നിന്ന് വന്നതല്ല ആത്മാവെന്ന് വന്നതാണ് അതേപോലെ ഈ നിർവണ പരമമ്മ ഈ നിർവ്വാണ സുഖസ്വരൂപമായ ശാന്തി ഉള്ളിൽ കുറച്ചെങ്കിലും വന്നാൽ പോലും ഒരു ആന്തരികമായ ഒരു രസായനം കുടിച്ച പോലെ ഒരു സുഖമുണ്ടാവും രസായനമീ ശാന്തി പരമാനന്ദദായിനി ആനന്ദേതി നാമ സാധു സംഗമ ചന്ദ്രികാനം യോഗവാസിഷ്ടത്തിലുള്ള ഒരു ശ്ലോകാണ് രസായനമ ഈ ശാന്തി ആ ശാന്തി ഒരു ആന്തരികമായ ഒരു അനുഭൂതി ഒരു രസായനം പോലെ പരമാനന്ദദായിനിന്നാണ് പരമാനന്ദത്തിനെ തരുന്നു ആനന്ദയതിക്കം നാമ ആർക്കാണ് ആനന്ദത്തിന് കൊടുക്കാത്തത് സാധുസംഗമ ചന്ദ്രിക്ക ചിലപ്പോഴൊക്കെ ആ സുഖം സാധുസംഗത്തിൽ മഹാപുരുഷ സമ്പർക്കത്തിൽ അത്തരത്തിലൊരു ശാന്തി ഒരു നിശ്ചലത ഒരു ആനന്ദം ഉണ്ടാവണം ആ ആനന്ദം എവിടെ നിന്ന് വന്നു ആത്മാവിൽ നിന്നും നേരിട്ട് വന്നതാണത് നിർവാണപരമാം ശാന്തി മത്സംസ്ഥാൽ ഭഗവത് സ്വരൂപം വിഷ്ണുപദം പരമപദം തദ്വിഷ്ണോഹോ പരമം പദം എന്നൊക്കെ പറയണ ആ പരമപദസ്വരൂപമായിട്ടുള്ള ആ ശാന്തി കുറച്ച് നേരത്തേക്ക് വരുമ്പോൾ നമ്മളതിനെ ധ്യാനം എന്ന് പറയണു അത് തന്നെ ആത്മസാക്ഷാത്കാരം കുറച്ചു നേരത്തേക്ക് നമ്മൾ ജവൻ ചെയ്തിട്ടും ധ്യാനിച്ചിട്ടൊക്കെ വരുമ്പോ അതിന് ധ്യാനം എന്ന് പറയുന്നു ചിലപ്പോഴൊക്കെ അമ്പലത്തിൽ പോയി നിൽക്കുമ്പോഴൊക്കെ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ ഒരു ക്ഷണ നേരത്തേക്കൊക്കെ അത് വന്നിട്ട് പോണത് കൊണ്ടാണ് അമ്പലത്തിൽ പോയ ഒരു സുഖം എന്ന് പറയണത് കുറച്ചു നേരത്തേക്ക് അവിടെ പോയി നിന്നു ഒക്കെ മറന്നു ആ ശാന്തി എവിടുന്ന് വന്നു എവിടുന്നോ വന്നു ഹൃദയത്തിന് നിർവാണപരമാം ശാന്തി മത്സംസ്ഥീം അങ്ങനെയുള്ള ശാന്തിയെ യോഗി ധ്യാനം കൊണ്ട് പ്രാപിക്കണം ഈ ശാന്തി ചിലരൊക്കെ ധ്യാനിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും അവർ തന്നെ പറയും ഇപ്പോഴൊന്നും കിട്ടുന്നില്ല എന്താണോ ചിലപ്പോഴൊക്കെ ഉണ്ടാവണം ചിലപ്പോഴൊന്നും ഉണ്ടാവണില്ല അതാ അത് ഈ കൃഷ്ണന്റെ രാസക്രീഡ ഇതിനെ കൃഷ്ണൻ ഗോപികളുടെ മുമ്പിൽ വന്നു പിന്നെ പെട്ടെന്ന് മറിഞ്ഞുപോയി മറഞ്ഞുപോയപ്പോ ഇവർ വിരഹം കൊണ്ട് കരയണു അത് അനുഭവിച്ചവർക്ക് അത് പോകുമ്പോ വല്ലാത്ത വിഷമം തോന്നും അനുഭവിക്കാത്തവർക്ക് അതൊന്നും പ്രശ്നമേ ആ ശാന്തി അനുഭവിച്ചവർക്ക് ആ ശാന്തി നഷ്ടപ്പെടുമ്പോ ദുസ്സഹപ്രേഷ്ഠവിരഹ തീവ്രതാപതുശുഭാഹ സഹിക്കവയ്യാത്തൊരു വിരഹം എന്നൊക്കെ പറഞ്ഞു ആ വിരഹം എന്താ എന്തോ ഉള്ളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സുഖം ഒരു ആനന്ദം സോഴ്സിൽ നിന്നും യു ഗെറ്റ് ഡീലിങ്ക് വിത്ത് യുവർ ഓൺ സോർസ് അപ്പോഴാണ് ഒരു വല്ലാത്തൊരു വിഷമം ഒരു ദുഃഖം ഉണ്ടാവുന്നത് അതിന് കാരണം എന്താ പലപ്പോഴും ഭഗവാൻ പറയണത് അധികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്നു അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് പോകും ഈ ഹംസത്തിനെ സ്വർണം മുട്ടയിടന്ന് താറാവിനെ വെട്ടിയ പോലെ ചിലപ്പോ ധ്യാനം കിട്ടണു പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ജീവൻ മുക്തനായിട്ട് അമേരിക്കയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ അങ്ങോട്ട് ചിലപ്പോ സാധനം ചെയ്തിട്ടുണ്ടാവും പെട്ടെന്ന് അങ്ങോട്ട് തനിക്ക് എന്തോ നേടിയെടുക്കണം പറഞ്ഞിട്ട് ഒരു ഒരു ബലം പ്രയോഗിച്ചാൽ ഉള്ളത് പോകും നോക്കണം ആഗ്രഹം അതിന്റെ നടുവിലൊക്കെ കറപ്ഷൻ ഒന്നിലും പറ്റില്ലാതെ സാധന പോലും നിസ്സംഗമായിട്ട് ചെയ്യണം ഗൗഡബാദർ പറയണത് ആ രസത്തിൽ പോലും അഡിക്ഷൻ ആവാൻ പാടില്ല ആ രസം ആത്മാവെന്ന് വരണതാണ് ആവരണം നീങ്ങാൽ അത് നിരന്തരം ഉണ്ടാവും ആ ആവരണം നീങ്ങണമെങ്കിൽ എനിക്ക് ഞാൻ ധ്യാനിച്ചു എനിക്ക് സുഖം ഉണ്ടായിന്ന് പോയി അതാണ് രാസക്രീഡയിൽ ഭഗവാൻ രാധാ രാധാദേവി എന്ന് ഭാഗവതത്തിൽ പറയണില്ല ഒരു ഗോപികയെ മാത്രം പ്രത്യേകിച്ച് കൂട്ടിക്കൊണ്ടുപോയി ആ ഗോപിക തോന്നിയത്ര എനിക്ക് കൃഷ്ണനെ കിട്ടിയെന്ന് തോന്നിയപ്പോ അവിടെ ഇട്ടിട്ട് പോയി എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ചത് അവിടെ ഇട്ടു ആ ഞാൻ അവിടെ വന്നതും പോയി അപ്പോഴാണ് ഭക്തി ഒക്കെ വരണത് ഈ ഭക്തന്മാര് ഭക്തി ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയതും പാടിയതും ഒക്കെ ഈ അനുഭൂതി ഉണ്ടായി പാരമാർത്ഥികമായ ജീവൻ മുക്തിക്ക് നടുവിലാണ് ഈ ഭക്തി മുഴുവൻ അതിനുമുമ്പുള്ളവരുടെ ഭക്തി പ്രാകൃതമായിട്ടേ ഇരിക്കുള്ളൂ അല്പമൊന്നു കണ്ടു പൂർണമായി അതിൽ നിന്നൂല്ല നടുക്കൊള്ളപ്പോഴാണ് തീവ്രമായി വിരഹ കാക്കോ കഹോ സജനി മീറ ഭജനില് മീറ പറയാണ് ഈ വിരഹവേഥ ഞാൻ ആരെടുത്തു പോയി പറയൂന്നു ഞാൻ ആരെടുത്തു പോയി പറയൂ കാണാനില്ലല്ലോ കണ്ടു കണ്ടിട്ട് മറിഞ്ഞു എന്നാണ് രാമലിംഗ സ്വാമികൾ പറയണു ഞാൻ കണ്ടു അല്ലാത്ത ആശ വന്നു പോയി അമ്പലത്തിലാടുകിമാരെ അവൻ ആട്ടം കണ്ട് സഖികളുടെ അടുത്ത് പറയണ പോലെ പറയണ അമ്പലത്തിൽ ആടുന്നവനെ ഞാൻ കണ്ടു നടരാജാവിനെ കണ്ടതാണേ ഒന്നര വയസ്സിൽ കണ്ടതാ ഓർമ്മ വെച്ചിട്ട് അദ്ദേഹത്തിന് പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഓർമ്മ ഒന്നും അത്ര വയസ്സിൽ കണ്ട നടരാജാവിന്റെ തിരുനടനം കണ്ടിട്ട് പറഞ്ഞു ഞാൻ കണ്ടു അവനും എനിക്കും ജാതകം ചേരുവോന്ന് നോക്കി പറഞ്ഞു തരുമെന്നാണ് അവനെ കാണാനില്ല ഈ പാട്ടുകളൊക്കെ വരുന്നത് ആ തലത്തിലാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഹൃദയത്തില് ഹൃദയം ആടിക്കഴിഞ്ഞിട്ടാണ് പാട്ട് വരുന്നത് ഇന്നലെപ്പോലും നമ്മുടെ രാമസ്വാമി മാമടുത്ത് പറഞ്ഞു ത്യാഗരാജ കീർത്തനം ഒക്കെ കാണുമ്പോ ഇരുന്ന് എഴുതാനൊന്നും പറ്റില്ല നമ്മൾ എഴുതി ഉണ്ടാക്കിയ ആവില്ല ആ വിരഹം ഭഗവാനെ പിരിഞ്ഞുള്ള വിരഹത്തിലോ ആ ഭാവത്തിലോ തനിക്ക് കിട്ടിയ ധ്യാനസുഖം നഷ്ടപ്പെടുമ്പോൾ അപ്പോഴാണ് ഈ കീർത്തനങ്ങളൊക്കെ വന്നിരിക്കണത് യാഗരാജസ്വാമി കീർത്തനങ്ങളൊക്കെ ആ അന്തര്യാമിയായ രാമനെ തനിക്ക് കിട്ടാനുള്ള വ്യഗ്രതയാണ് ഈ കീർത്തനങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വിരഹം ബാക്കിയുള്ളവർക്കൊക്കെ അനുഗ്രഹമായിട്ട് തീരാണ് ഉദ്ധവര് പറഞ്ഞു ഗോപസ്ത്രീകളുടെ വിരഹം കൊണ്ട് എനിക്ക് അനുഗ്രഹം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ അവരുടെ വിരഹം കൊണ്ട് അവരുടെ ആ ഭാവമൊക്കെ ഞാൻ കണ്ടുവല്ലോ അപ്പൊ വിരഹം ഒരു അനുഗ്രഹമായിട്ട് തീരാണ് നമുക്ക് അപ്പൊ ആ ഒരു ഭാവത്തിലാണ് ഈ കീർത്തനങ്ങളൊക്കെ രചിക്കപ്പെടുന്നത് രാമലിംഗ സ്വാമികൾ പറഞ്ഞു എങ്ങനെയാ ഈ പാട്ടൊക്കെ പാടിയെന്ന് ചോദിച്ചപ്പോ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട് സിനിമയിലൊക്കെ വന്നു പണ്ട് രാമലിംഗ സ്വാമികളുടെ പാട്ടാണത് ചിലർക്ക് അത് കണ്ണദ്ദാസിന്റെ പാട്ടാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് തമിഴിലുള്ളൊരു പാട്ട് മയില് ആടുന്നത് കണ്ടു എന്നെ പാട്ടത് ഏ ആ വാനത്തിൻ കണ്ടേ മയിൽ കുയിലാടി മയിൽ കുയിലാച്ചുതടി മയില് കുയിലായിട്ട് മാറി പാട്ട് കേട്ട അർത്ഥം തോന്നുന്നില്ല എന്താന്ന് വെച്ചാൽ മയിൽ പാടില്ലല്ലോ മയില് നിലവിളിച്ചാൽ നമുക്ക് സൈക്കില്യാ ഹാർട്ട് അറ്റാക്ക് വരും ഞങ്ങളൊക്കെ പറയാം ആശ്രമത്തില് രമണാശ്രമത്തിൽ ധാരാളം മയിലാണ് അപ്പൊ തമാശ ആയിട്ട് പറയും ഈ ആശ്രമത്തില് മയിൽ നിലവിളിക്കണത് കേട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ശബ്ദം കേട്ടാലും വരില്ല പെട്ടെന്ന് നിലവിളിക്കും ബഹണം കൂട്ടുന്നത് ആ മയില് ആടും നർത്തനം ചെയ്യും അതുപോലെ ഭക്തിയുടെ രസത്തിൽ ധ്യാനത്തിൽ ഒരു ഒരു സുഖം വരുമ്പോ ഹൃദയം ആടാൻ തുടങ്ങി പെട്ടെന്ന് ആ മയിൽ അങ്ങോട്ട് കുയിലായിട്ട് മാറിയെന്നാണ് മയിൽ കുയിലാച്ചു തടി മയില് പാടാൻ തുടങ്ങിയ കുയിലായി മധുരമായി പാടാൻ തുടങ്ങിയപ്പോ മയിൽ കുയിലാച്ചു തടി അനുഭൂതി രസം പുറമേക്ക് സംഗീതമായിട്ടോ പാട്ടായിട്ടോ കീർത്തനങ്ങളായിട്ടോ അനുഭൂതിയുടെ വാക്കുകളായിട്ടോ ഒക്കെ പുറത്തേക്ക് അത് കുയിലായിട്ട് മാറിയാണ് ആകാശത്തിൽ ഞാൻ മയിലാടുന്നത് കണ്ടു അപ്പൊ ആ മയിൽ കുയിലായി മാറിയിരിക്കണമെന്നാണ് ആകാശയുടെ ചിതാകാശത്തിൽ ആനന്ദനർത്തണം അപ്പൊ അങ്ങനെ ആ ധ്യാനസുഖം ആദ്യം കുറച്ച് ഉണ്ടാവും പെട്ടെന്ന് മറഞ്ഞു പോകും ആ മറഞ്ഞു പോകുമ്പോഴാണ് ഈ വിരഹഭാവമൊക്കെ വരുന്നത് അങ്ങനെ മറഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്തു വേണം നമ്മളുടെ ചര്യകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം എന്തെങ്കിലും അധികമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്താ ചെയ്തിട്ടുണ്ടാവുക ഭഗവാൻ പറഞ്ഞു അടുത്ത ശ്ലോകം നോക്കൂ